യൂണിറ്റ് ട്വന്റി ഫൈവ് ലെസൺ സെവന്റി വൺ ലിസൺ ഉള്ളി ഹോസ്റ്റലിലെ അഴിമതി ഒന്ന് ഒന്ന് പതുക്കെ പറയടൂ അയാൾ വരുന്നുണ്ട് ആരെ വാലനോ അല്ല അയാളുടെ വാല കേശവൻ കൊള്ളാം കേശവനല്ലേ ഇതൊക്കെ കേൾക്കേണ്ടത് ഇപ്പോഴേ അറിഞ്ഞോട്ടെ ഒടുക്കാൻ ഇതൊരു ഷാക്ക് ആവണ്ട നമ്മൾക്കാരെയും ഇരുട്ടടി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയെങ്കിലും ഈ ദുർഭരണം ഒന്ന് അവസാനിപ്പിക്കണമെന്നേയുള്ളൂ ഇത്തരം അഴിമതി എത്ര നാളെ സഹിക്കും എന്റെ ഈശ്വര ദുർഭരണത്തിന്റെ കാര്യമൊക്കെ ജനലക്ഷങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപോവ് കോളേജ് പോയന്മാരുടെ കവിൽ അതൊന്നും രാജ്യത്തിൽ നടക്കുന്ന ദുർഭരണത്തെ പറ്റിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ഹോസ്റ്റലിലെ കാര്യങ്ങളാണ് ഞങ്ങളെ തൽക്കാലത്തേക്ക് ബാധിക്കുന്നത് അതാണ് ഞങ്ങളെ ഇപ്പോൾ ശല്യപ്പെടുത്തുന്നത് അപ്പോൾ ഇരുട്ടടി എന്നൊക്കെ പറഞ്ഞത് ആവശ്യം ഇല്ലെന്നാ പറഞ്ഞത് പകൽ വെളിച്ചത്തിൽ തന്നെ അത് നടക്കും അതിനധികം താമസവും ഇല്ല ആരോ നിങ്ങൾ കച്ച കെട്ടിറങ്ങിരിക്കുന്നത് അതറിഞ്ഞിക്കുന്ന അതാരപ്പാ ഇവിടെ അങ്ങനെ ഒരുത്തൻ പകൽ വെളിച്ചത്തിൽ അടിവാങ്ങാൻ നടക്കുന്നവൻ എന്റെ കൂട്ടരെ വളച്ചു കെട്ടാതെ കാര്യം അങ്ങ് തുറന്നു പറയും കേശവന് സാമാന്യ ബുദ്ധിയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ നാടകങ്ങൾക്ക് ഞങ്ങളോടെന്തിന് വിശ്വസ്ത സേവകനെ യജമാനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പരിതാപകരമാണല്ലോ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലായിക്കൊള്ളു നിങ്ങൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു കേശവ തന്റെ അഭിനയം ഒന്ന് നിർത്ത് ഒരു കാര്യം മനസ്സിലാക്കിക്കോ എല്ലാവരും എപ്പോഴും വിഡ്ഢികളായിരിക്കില്ല ഞങ്ങളുടെ അമ്മയും അച്ഛനും ചോര നീരാക്കി അയക്കുന്ന പണം തനിക്കും തന്റെ ആ വാർഡൻ യജമാനും ദീപാവളി കുളിക്കാനുള്ളതല്ല മര്യാദ കേട്ട് പറയരുത് ഓഹോ അപ്പോ തനിക്കൊക്കെ അത് കാണിക്കാം ഞങ്ങൾ അതിനെപ്പറ്റി പറയാൻ പാടില്ല അല്ലേ വസു ദേഷ്യപ്പെട്ടാലോ ഓമനെ പേര് വിളിച്ചാലോ ഒന്നും കാര്യം എളുപ്പം ശരിയാവില്ല കിട്ടുന്നതിൽ പാകി അനുഭവിക്കാറുണ്ടായിരുന്നപ്പോൾ ഓർമ്മിക്കണമായിരുന്നു ലിസൺ ആൻഡ് റിപ്പീറ്റ് ഒന്ന് പതുക്കെ പറയണോ അയാൾ വരുന്നുണ്ട് ഒന്ന് പതുക്കെ പറയടോ അയാൾ വരുന്നുണ്ട് ആര് വാണ്ടനോ ആര് അല്ല അയാളുടെ വാല് കേശവൻ അല്ല അയാളുടെ വാല് കേശവൻ കൊള്ളാം കേശവനല്ലോ ഇതൊക്കെ കേൾക്കേണ്ടത് ോട്ടെ കൊള്ളാം കേശുവാണല്ലോ ഇതൊക്കെ കേൾക്കേണ്ടത് ഇപ്പോഴേ അറിഞ്ഞോട്ടെ ഒടുക്കം ഇതൊരു ഷോക്ക് ആവണ്ട ഒടുക്കം ഇതൊരു ഷോക്ക് ആവണ്ട നമ്മൾക്കാരെയും ഇരുട്ടടി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്കാരെയും ഇരുട്ടടി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയെങ്കിലും ഈ ദുർഭരണം ഒന്ന് അവസാനിപ്പിക്കണമെന്നേയുള്ളൂ എങ്ങനെയെങ്കിലും ഈ ദുർഭരണം ഒന്ന് അവസാനിപ്പിക്കണമെന്നേയുള്ളൂ ഇത്തരം അഴിമതി ഇത്തരം അഴിമതി എത്രമാവും സഹിക്കും എന്റെ ഈശ്വര ദുർഭരണത്തിന്റെ കാര്യമൊക്കെ ജനലക്ഷങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ദുർഭരണത്തിന്റെ കാര്യമൊക്കെ ജനലക്ഷങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടു മൂന്ന് കോളേജ് പയ്യന്മാരുടെ കയ്യിൽ അതൊന്നും നിങ്ങൾ രണ്ടു മൂന്ന് കോളേജ് പയ്യന്മാരുടെ കയ്യിൽ അല്ലല്ലോ അതൊന്നും രാജ്യത്തിൽ നടക്കുന്ന ദുർഭരണത്തെ പറ്റിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത് രാജ്യത്തിൽ നടക്കുന്ന ദുർഭരണത്തെ പറ്റിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ഹോസ്റ്റലിലെ കാര്യങ്ങളാണ് ിലെ കാര്യങ്ങളാണ് ഞങ്ങളെ തൽക്കാലത്തേക്ക് ബാധിക്കുന്നത് ഞങ്ങളെ തൽക്കാലത്തേക്ക് ബാധിക്കുന്നത് അതാണ് ഞങ്ങളെ ഇപ്പോൾ ശല്യപ്പെടുത്തുന്നത് അതാണ് ഞങ്ങളെ ഇപ്പോൾ ശല്യപ്പെടുത്തുന്നത് അപ്പോൾ ഇരുട്ടടി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇരുട്ടടി എന്നൊക്കെ പറഞ്ഞത് ഇരുട്ടടിയുടെ ആവശ്യം ഇല്ലെന്നാ പറഞ്ഞത് ഇട്ടടിയുടെ ആവശ്യമില്ലെന്നാ പറഞ്ഞത് പകൽ വെളിച്ചത്തിൽ തന്നെ അത് നടക്കും പകൽ വെളിച്ചത്തിൽ തന്നെ അത് നടക്കും അതിന് അധികം താമസവുമില്ല അതില് അധികം താമസവുമില്ല ആരെ അടിക്കാനാ നിങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ആരെ അടിക്കാനാ നിങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അത് അർഹിക്കുന്നവര് അത് അർഹിക്കുന്നവര് ഇവിടെ അങ്ങനെ ഒരുത്തൻ അതാറപ്പ ഇവിടെ അങ്ങനെ ഒരുത്തൻ പകൽ വെളിച്ചത്തിൽ അടിവാങ്ങാൻ നടക്കുന്നവൻ പകൽ വെളിച്ചത്തിൽ അടിവാങ്ങാൻ നടക്കുന്നവൻ എന്റെ കൂട്ടരെ വളച്ചുകെട്ടാതെ കാര്യം അങ്ങ് തുറന്നു പറയും എന്റെ കൂട്ടരെ ില്ല കേശവന് സാമാന്യ ബുദ്ധിയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ നാടകമൊക്കെ ഞങ്ങളോടെന്തിന് ഈ നാടകമൊക്കെ ഞങ്ങളോടെന്തിന് വിശ്വസ്ത സേവകനെ യജമാനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസ്ത സേവകന് യജമാനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പരിതാപകരമാണല്ലോ അത് പരിതാപകരമാണല്ലോ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒക്കെ മനസ്സിലായിക്കൊള്ളും ഒക്കെ മനസ്സിലായിക്കൊള്ളും തിരശീല ഉയരാറായി ഉയരാറായി നിങ്ങൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു നിങ്ങൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു കേശവ തന്റെ അഭിനയം ഒന്ന് നിർത്ത് കേശവാ തന്റെ അഭിനയം ഒന്ന് നിർത്ത് ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എല്ലാവരും എപ്പോഴും വിദ്ദികളായിരിക്കില്ല എല്ലാവരും എപ്പോഴും വിഡ്ഢികളായിരിക്കില്ല ഞങ്ങളുടെ അമ്മയും അച്ഛനും ചോര നീരാക്കി അയക്കുന്ന പണം ഞങ്ങളുടെ അമ്മയും അച്ഛനും ചോര നീരാക്കി അയക്കുന്ന പണം തനിക്കും തന്റെ ആ വാർഡൻ യജമാനും തനിക്കും തന്റെ ആ വാദം യജമാനും ദീപാവളി കുളിക്കാനുള്ളതല്ല ദീപാളി കുളിക്കാനുള്ളതല്ല മര്യാദകേട് പറയരുത് മര്യാദകേട് പറയരുത് ഓഹോ അപ്പോൾ തനിക്കൊക്കെ അത് കാണിക്കാം ഓഹോ അപ്പോൾ തനിക്കൊക്കെ അത് കാണിക്കാം ഞങ്ങൾ അതിനെപ്പറ്റി പറയാൻ പാടില്ല അലിൻ ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ പറയാൻ പാടില്ല അലിന് വാസു വാസു ദേഷ്യപ്പെട്ടാലോ ഓമനപ്പേര് വിളിച്ചാലോ ഒന്നും കാര്യമത്ര എളുപ്പം ശരിയാവില്ല ദേഷ്യപ്പെട്ടാലോ ഓമന പേര് വിളിച്ചാലോ ഒന്നും കാര്യമത്ര എളുപ്പം ശരിയാവില്ല കിട്ടുന്നതിൽ പാതി അനുഭവിക്കാറുണ്ടായിരുന്നപ്പോൾ ഓർമ്മിക്കണമായിരുന്നു കിട്ടുന്നതിൽ പാതി അനുഭവിക്കാറുണ്ടായിരുന്നപ്പോൾ ോർമ്മിക്കണമായിരുന്നു